ും ഉറക്കവും ഒക്കെ സുഖമായിരുന്നോ ലിസൻ ഉള്ളി ഞങ്ങളുടെ ഹോട്ടലിലെ താമസമൊക്കെ ഇഷ്ടമായോ സാർ എനിക്ക് വളരെ ഇഷ്ടമായി പൊതുവെ എനിക്ക് മലയാള നാടും മലയാളികളുടെ പെരുമാറ്റവും ഒക്കെ വളരെ ഇഷ്ടമാണ് അത് ശരി അപ്പോൾ സാറിന് ഇന്നലത്തെ ഊണും ഉറക്കവും ഒക്കെ സുഖമായിരുന്നു അതിനൊന്നും യാതൊരു കുഴപ്പവും പക്ഷേ ഇന്ന് രാവിലെ കുളിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അതെന്താ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു ഞങ്ങളുടെ ഈ പട്ടണത്തിൽ വെള്ളത്തിന് ഒരു ക്ഷാമവും ണിക്കൂറും പൈപ്പിൽ വെള്ളമുണ്ടായിരിക്കും അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു അതവിടെ ഇല്ലായിരുന്നു ശരിയാണ് സാർ സാധാരണ ഇവിടെ ആർക്കും ചൂടുവെള്ളം ഇഷ്ടമില്ല എല്ലാവരുടെയും കുളി പച്ചവെള്ളത്തിലാണ് പക്ഷേ എനിക്ക് രാവിലെ കുറച്ച് ചൂടുവെള്ളം വേണം ഒരു ബക്കറ്റ് മതി നാളെ തൊട്ട് സാറിന് ഇവിടെ ഒരസൗകര്യവും ഇല്ലായിരിക്കും രാവിലെ ഏഴുമണിക്ക് മുൻപ് തന്നെ സാറിന്റെ കുളിമുറിയിൽ ഒരു വലിയ തൊട്ടി ചൂടുവെള്ളം ഉണ്ടായിരിക്കും ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ ഇല്ല നിങ്ങളുടെ പുഴുക്കലരി ചോറും നാടൻ കറികളും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി അത്താഴമോ കാമധേനുവിലെ ആഹാരം ഇഷ്ടമായില്ല എല്ലാത്തിനും എണ്ണ വളരെ കൂടുതൽ ഇന്ന് മുതൽ എനിക്ക് ഇവിടത്തെ അത്താഴം മതി ലിസൺ ആൻഡ് റിപ്പീറ്റ് ഞങ്ങളുടെ ഹോട്ടലിലെ താമസമൊക്കെ ഇഷ്ടമായോ സാർ ഞങ്ങളുടെ ഹോട്ടലിലെ താമസമൊക്കെ ഇഷ്ടമായോ സാർ എനിക്ക് വളരെ ഇഷ്ടമായി എനിക്ക് വളരെ ഇഷ്ടമായി പൊതുവെ എനിക്ക് മലയാള നാടും മലയാളികളുടെ പെരുമാറ്റവും ഒക്കെ വളരെ ഇഷ്ടമാണ് പൊതുവെ എനിക്ക് മലയാള നാടും മലയാളികളുടെ പെരുമാറ്റവും ഒക്കെ അത് ശരി അത് ശരി അപ്പോൾ സാറിന് ഇന്നലത്തെ ഊണും ഉറക്കവും അപ്പോൾ സാറിന് ഇന്നലത്തെ ഊണും ഉറക്കവും ഒക്കെ സുഖമായിരുന്നോ അതിനൊന്നും യാതൊരു കുഴപ്പവും അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ കുളിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് പ്രയാസമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ കുളിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അതെന്താ പൈപ്പിൽ വെള്ളം ഇല്ലായിരുന്നു അതെന്താ പൈപ്പിൽ വെള്ളം ഇല്ലായിരുന്നു ഞങ്ങളുടെ ഈ പട്ടണത്തിൽ വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ലല്ലോ ഞങ്ങളുടെ ഈ പട്ടണത്തിൽ വെള്ളത്തിന് ഒരു ക്ഷാമവുമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പിൽ വെള്ളമുണ്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പിൽ വെള്ളമുണ്ടായിരിക്കും അതൊക്കെ ശരി തന്നെ അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു അതവിടെ ഇല്ലായിരുന്നു അവിടെ ഇല്ലായിരുന്നു ശരിയാണ് സാർ ശരിയാണ് സാർ സാധാരണ ഇവിടെ ആർക്കും ചൂടുവെള്ളം ഇഷ്ടമില്ല സാധാരണ ഇവിടെ ആർക്കും ചൂടുവെള്ളം ഇഷ്ടമില്ല എല്ലാവരുടെയും കുളി പച്ചവെള്ളത്തിലാണ് എല്ലാവരുടെയും കുളി പച്ചവെള്ളത്തിലാണ് പക്ഷേ എനിക്ക് രാവിലെ കുറച്ച് ചൂടുവെള്ളം വേണം പക്ഷേ എനിക്ക് രാവിലെ കുറച്ച് ചൂടുവെള്ളം വേണം ഒരു ബക്കറ്റ് മതി ഒരു ബക്കറ്റ് മതി നാളെ തൊട്ട് സാറിന് ഇവിടെ ഒരസൗകര്യവും ഇല്ലായിരിക്കും നാളെ തൊട്ട് സാറിന് ഇവിടെ ഒരു അസൗകര്യവും ഇല്ലായിരിക്കും രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ സാറിന്റെ കുളിമുറിയിൽ ഒരു വലിയ തൊട്ടി ചൂടുവെള്ളം ഉണ്ടായിരിക്കും രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ സാറിന്റെ കുളിമുറിയിൽ ഒരു വലിയ തൊട്ടി ചൂടുവെള്ളം ഉണ്ടായിരിക്കും ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ ഇല്ല നിങ്ങളുടെ പുഴുക്കിലരി ചോറും നാടൻ കറികളുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി നിങ്ങളുടെ പുഴുക്കിലരിച്ചോറും നാടൻ കറികളുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി അത്താഴമോ അത്താഴമോ കാമധേനുവിലെ ആഹാരം എനിക്ക് അത്ര ഇഷ്ടമായില്ല കാമതേനുവിലെ ആഹാരം എനിക്ക് അത്ര ഇഷ്ടമായില്ല എല്ലാത്തിനും എണ്ണ വളരെ കൂടുതൽ എല്ലാത്തിനും എണ്ണ വളരെ കൂടുതൽ ഇന്നു മുതൽ എനിക്കിവിടത്തെ അത്താഴം മതി ഇന്നുമുതൽ എനിക്കിവിടത്തെ അത്താഴം മതി ആ കാര്യത്തിൽ കുറച്ച് പ്രയാസമുണ്ട് ആ കാര്യത്തിൽ കുറച്ച് പ്രയാസമുണ്ട് ആ കാര്യത്തിൽ കുറച്ചു പ്രയാസമുണ്ടായിരുന്നു ആ കാര്യത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ പ്രയാസം പ്രയാസമുണ്ടായിരിക്കും ആ കാര്യത്തിൽ കുറച്ചു പ്രയാസമുണ്ടായിരിക്കും അയാൾക്ക് വീടും പുരയിടവും ഇല്ല അയാൾക്ക് വീടും പുരയിടവും ഇല്ല അയാൾക്ക് വീടും പുരയിടവും ഇല്ലായിരുന്നു അയാൾക്ക് വീടും പുരയിടവും ഇല്ലായിരുന്നു അയാൾക്ക് വീടും പുരയിടവും ഇല്ലായിരിക്കും അയാൾക്ക് വീടും പുരയിടവും ഇല്ലായിരിക്കും മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണം മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണം മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണമായിരുന്നു മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണമായിരുന്നു മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണമായിരിക്കും മലയാളികൾക്ക് എന്നും ചോറും കറികളും വേണമായിരിക്കും ഞങ്ങൾക്ക് ഉച്ചക്ക് ചപ്പാത്തി വേണ്ട ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ട ഞങ്ങൾക്ക് ഉച്ചക്ക് ചപ്പാത്തി വേണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ടായിരിക്കും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ അത്താഴം മതി എനിക്ക് ഇവിടുത്തെ അത്താഴം മതി എനിക്ക് ഇവിടുത്തെ അത്താഴം മതിയായിരുന്നു എനിക്ക് ഇവിടത്തെ അത്താഴം മതിയായിരുന്നു എനിക്ക് ഇവിടുത്തെ അത്താഴം മതിയായിരിക്കും എനിക്ക് ഇവിടുത്തെ അത്താഴം മതിയായിരിക്കും അയാൾക്ക് ഒരു കപ്പ് ചായ പോരാ അയാൾക്ക് ഒരു കപ്പ് ചായ പോരാ അയാൾക്ക് ഒരു കപ്പ് ചായ പോരായിരുന്നു അയാൾക്ക് ഒരു കപ്പ് ചായ പോരായിരുന്നു അയാൾക്ക് ഒരു കപ്പ് ചായ പോരായിരിക്കും അയാൾക്ക് ഒരു കപ്പ് ചായ പോരായിരിക്കും അവൾക്ക് ഒട്ടും വയ്യ അവൾക്ക് ഒട്ടും വയ്യ അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അവൾക്ക് ഒട്ടും വയ്യായിരിക്കും അവൾക്ക് ഒട്ടും വയ്യായിരിക്കും എക്സ്പാൻഷൻ ഡ്രിൽ െ ഇല്ലായിരുന്നു വെള്ളം ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഇല്ലായിരുന്നു നൗ ഫോളോ ദോഡൽ എനിക്ക് വേണമായിരുന്നു എണ്ണ എനിക്ക് എണ്ണ വേണമായിരുന്നു കറികളിൽ എനിക്ക് കറികളിൽ എണ്ണ വേണമായിരുന്നു കൂടുതൽ എനിക്ക് കറികളിൽ കൂടുതൽ എണ്ണ വേണമായിരുന്നു അദ്ദേഹത്തിന് പോരായിരിക്കും ചൂടുവെള്ളം അദ്ദേഹത്തിന് ചൂടുവെള്ളം പോരായിരിക്കും ഇത്ര അദ്ദേഹത്തിന് ഇത്ര ചൂടുവെള്ളം പോരായിരിക്കും നാളെ തൊട്ട് അദ്ദേഹത്തിന് നാളെ ഇത്ര ചൂടുവെള്ളം പോരായിരിക്കും ടീച്ചർ ഇല്ലായിരുന്നോ ഈ സമയം ടീച്ചർ ഈ സമയം ഇല്ലായിരുന്നോ മിനിങ്ങാന് ിനിഞ്ഞാന്ന് ഈ സമയം ഇല്ലായിരുന്നോ നിങ്ങളുടെ ക്ലാസിൽ ടീച്ചർ മിനിഞ്ഞാന്ന് ഈ സമയം നിങ്ങളുടെ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ ഞങ്ങൾക്ക് നാല് ദിവസത്തെ അവധി ഉണ്ട് ഓണത്തിന് ഞങ്ങൾക്ക് നാല് ദിവസത്തെ അവധി ഉണ്ടായിരുന്നു നൗ ഫോളോ ദ മോഡൽ ആ ഹോട്ടലിൽ ഡബിൾ റൂം ഒഴിവുണ്ട് ആ ഹോട്ടലിൽ ഡബിൾ റൂം ഒഴിവുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു ഊണിന് എന്നും തൈരും മോരും ഉണ്ട് ഊണിന് എന്നും തൈരും മോരും ഉണ്ടായിരുന്നു മോഡൽ ടു വീട്ടിനു മുൻപിൽ ഒരു ചെറിയ പൂന്തോട്ടം വേണം വീട്ടിന് മുൻപിൽ ഒരു ചെറിയ പൂന്തോട്ടം വേണമായിരുന്നു നൌ ഫോളോ ദ മോഡൽ അത്താഴത്തിന് എനിക്ക് ചപ്പാത്തിയും പരിപ്പും വേണം അത്താഴത്തിന് എനിക്ക് ചപ്പാത്തിയും പരിപ്പും വേണമായിരുന്നു തൊണ്ണൂറ് രൂപയ്ക്ക് അദ്ദേഹത്തിനൊരു വീട് വേണം തൊണ്ണൂറ് രൂപയ്ക്ക് അദ്ദേഹത്തിനൊരു വീട് വേണമായിരുന്നു എല്ലാവർക്കും സർക്കാർ ഓഫീസിൽ ജോലി വേണം എല്ലാവർക്കും സർക്കാർ ഓഫീസിൽ ജോലി വേണമായിരുന്നു മോഡൽ ത്രീ ഇത്ര കൊച്ചുകുട്ടികൾക്ക് പുസ്തകം വേണ്ട ഇത്ര കൊച്ചുകുട്ടികൾക്ക് ഈ വലിയ പുസ്തകം വേണ്ടായിരിക്കും നൗ ഫോളോ ദോഡൽ കള്ളക്കടത്തുകാർക്ക് നിയമങ്ങളൊന്നും വേണ്ട കള്ളക്കടത്തുകാർക്ക് നിയമങ്ങളൊന്നും വേണ്ടായിരിക്കും അദ്ദേഹത്തിന് പ്രശസ്തി വേണ്ട അദ്ദേഹത്തിന് പ്രശസ്തി വേണ്ടായിരിക്കും മലയാളികളുടെ ആഹാരം അവർക്ക് വേണ്ട മലയാളികളുടെ ആഹാരം അവർക്ക് വേണ്ടായിരിക്കും മോഡൽ ഫോർ പിറന്നാൾ ആഘോഷത്തിന് ഒരു ദിവസത്തെ അവധി മതി പിറന്നാൾ ആഘോഷത്തിന് ഒരു ദിവസത്തെ അവധി മതിയായിരിക്കും നൗ ഫോളോ ദ മോഡൽ പട്ടിണിക്കാർക്ക് ആഹാരം മതി പട്ടിണിക്കാർക്ക് ആഹാരം മതിയായിരിക്കും എനിക്ക് സ്വന്തം വീടു മതി എനിക്ക് സ്വന്തം വീട് മതിയായിരിക്കും ഈ ക്ലാസിൽ പത്ത് വിദ്യാർത്ഥികൾ മതി ഈ ക്ലാസിൽ പത്ത് വിദ്യാർത്ഥികൾ മതിയായിരിക്കും മോഡൽ ഫൈവ് ഈ വലിയ കെട്ടിടത്തിന് ഇത്രയും സൗകര്യങ്ങൾ പോരാ ഈ വലിയ കെട്ടിടത്തിന് ഇത്രയും സൗകര്യങ്ങൾ പോരായിരുന്നു നൗ ഫോളോ ദ മോഡൽ ഇരുപത് പേർക്ക് ഒരു ടീച്ചർ പോരാ ഇരുപത് പേർക്ക് ഒരു ടീച്ചർ പോരായിരുന്നു ഗ്രാമത്തിലെ വീട് ഞങ്ങൾക്ക് പോരാ ഗ്രാമത്തിലെ വീട് ഞങ്ങൾക്ക് പോരായിരുന്നു അവർക്ക് പച്ചവെള്ളം പോരാ അവർക്ക് പച്ചവെള്ളം പോരായിരുന്നു റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ എനിക്കിന്നലെ ഒട്ടും വയ്യായിരുന്നു എന്താ കാരണം തലവേദനയോ പനിയോ മരുന്ന് എന്തെങ്കിലും വേണമായിരുന്നോ നൗ ഫോളോ ദോഡൽ ഇന്ന് രാവിലെ പുളിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ കാരണം കാമധേനുവിലെ അത്താഴം എനിക്ക് ഇഷ്ടമായില്ല എന്താ കാരണം രാവിലെ എനിക്ക് ദോശയും പൂരയും വേണ്ടായിരുന്നു എന്താ കാരണം മോഡൽ ടു എന്റെ ചേച്ചി പോലും ഒരു നോവലിസ്റ്റ് ആണ് അത് ശരി അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം പുസ്തകങ്ങൾ നൗ ഫോളോ ദൽ എന്റെ വീട്ടിൽ യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു അത് ശരി അദ്ദേഹത്തിന് എപ്പോഴും ചൂടുവെള്ളം വേണം അത് ശരി ജി ശങ്കരക്രൂപ്പിനായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം അത് ശരി എനിക്ക് മലയാളികളുടെ പെരുമാറ്റം വളരെ ഇഷ്ടമാണ് അത് ശരി പുരയിടത്തിൽ ഒരു നൂറ് മൂട് തെങ്ങും പലയിനം പച്ചക്കറികളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ തോട്ടമായിരിക്കും നൗ ഫോളോ ദ മോഡൽ എനിക്കൊരു നല്ല ഡബിൾ റൂം വേണമായിരുന്നു അപ്പോൾ നീ എനിക്ക് അതിരാവിലെ ഒന്നും വേണ്ടായിരുന്നു അപ്പോൾ സാറിന് എനിക്കാ ഹോട്ടൽ മതിയായിരുന്നു അപ്പോൾ മൂന്നര ഏക്കർ വയലും നിലവും പുരയിടവും ഉണ്ട് അപ്പോൾ സാറൊരു മോഡൽ ഫോർ നിങ്ങൾക്ക് സ്വന്തം സഹോദരിമാരില്ലേ ഇല്ല പക്ഷേ കുഞ്ഞയുടെ മകൻ ഞങ്ങളുടെ കൂടെയാണ് നൗ ഫോളോ ദോഡൽ നിങ്ങളുടെ കൂട്ടുകാരനെ സ്വന്തം വീടില്ലായിരുന്നോ ഇല്ലായിരുന്നു പക്ഷേ സാറിനെ അതിരാവിലെ ഒന്നും വേണ്ടായിരുന്നോ വേണ്ടായിരുന്നു പക്ഷേ എട്ട് മണിക്ക് ലളിതെ നിനക്കെ ഉറൂബന്റെ ഈ നോവൽ വേണോ വേണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് സത്വകധാരാളമുണ്ടോ ഇല്ല പക്ഷേ